Ya ni amani ishi. Shusaru nsi. കമലേ സവനി സൗന്ദര കേന ലഭേഷ തതി ബോധ വിതിതം മതം അമർ തത്വം হি വിന്ദതേ ആത്മനാ വിന്ദദേവീം ആത്മനാ വിന്ദദേവീം വിദ്യയാ വിന്ദതേ അമർതം വിതാഭ്യം അന്യ ബ്രഹ്മേജി ആഗമവാക്കരിശുദ്ധ ഉപസംഹൃതോഷ്ട്രഷ്ട്രുന്ദ്രതാണ് യുടെ പ്രതിബോധ വിദിതം വിദിതം എന്ന് പറയുന്ന ശബ്ദം തെരുധാരണ ഉണ്ടാക്കും കാരണം അറിയപ്പെട്ടത് അറിഞ്ഞത് എന്നാണ് അർത്ഥം ഒന്നും പറഞ്ഞുതാഭ്യാം അന്യത്രി നമ്മൾ മനസ്സിലാക്കും നമ്മുടെ ഓരോ ബോധത്തിനും അറിയുന്നത് എന്ന് അതുകൊണ്ടാണ് ഭാഷക്കാരൻ ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് പ്രതിബോധവിചിതം എന്ന് പറഞ്ഞെങ്കിലും ഇവിടെ വിജിത ശബ്ദം ഉപയോഗിച്ചെങ്കിലും അത് നമ്മളെ ഓരോ ബോധത്തിനും നമ്മുടെ ഓരോ അറിവിലും അറിയപ്പെടുന്നത് എന്നല്ല അതിന് താല്പര്യം മറിച്ച് വിദിത അവിദിതാഭ്യാം അന്യത് എന്ന് തന്നെ മനസ്സിലാക്കണം ഈ ആഗുമ വാക്യാർ മുമ്പ് പറഞ്ഞു വന്നതിൽ നിന്നും ഇവിടെ മാറ്റിയൊന്നും പറയുന്നില്ല സാമാന്യമായി പ്രതീതമാകുന്ന അർത്ഥമല്ല അവൾ എന്തുകൊണ്ട് ഭക്ഷിക്കാരൻ പറഞ്ഞു പരിശുദ്ധ ഉപസംഹൃതോ ഭവതി അപ്പരിശുദ്ധമായ തത്വം വിദുതത്തിനും അവിദുതത്തിനും അപ്പുറമുള്ള ആ തത്വം അത് തന്നെയാണ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത് അല്ലാതെ വിദുതാവിദുതം എന്ന് ആദ്യം പറഞ്ഞു അവിജ്ഞാതം വിജാനത വിജ്ഞാതം അവിജാനത അന്യദേവത്വ വിജിത അധോ വിജുത എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം ഈ ഓരോ ബോധത്തിനും അറിയപ്പെടുന്നതാണ് എന്നല്ല പറയുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മുമ്പ് പറഞ്ഞ ദോഷങ്ങളെല്ലാം വരും എന്താണോ ആത്മാവ് അറിവിനു വിഷയമാണ് മറ്റു വസ്തുക്കളെ അറിയുന്നത് പോലെ തന്നെ നമ്മൾ അറിവിനെയും അറിയുന്നുണ്ട് എന്നെല്ലാം പറ അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധയവ ഉപസമൃദ്ധോ അപ്പോ ചോദ്യം വരും അറിവിനെ അറിയുന്നുണ്ടല്ലോ ഓരോ അറിവിനേയും നമ്മൾ അറിയുന്നുണ്ട് ഏത് തരത്തിൽ എന്നുള്ളതല്ല ഒരറിവ് വന്നാലതറിയുന്നുണ്ടോ എനിക്കിന്ന അറിവുണ്ടായി ഒരറിവും അജ്ഞയമായിരിക്കുന്നില്ല അറിവിന്റെ സ്വഭാവം തന്നെ അറിയപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ പ്രതിബോധവിരുദ്ധം നമ്മൾ അറിയുന്ന ഈ ഓരോ അറിവും ഇതാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ആഗമത്തിലൂടെ ഗ്രഹിക്കേണ്ടതായിട്ടൊന്നുമില്ല കാരണം അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് പറയുന്നതെന്താണ് ദൃഷ്ട ശ്രുതയെ ശ്രുത അത് അറിവിന്റെ അറിവായിരിക്കുന്നതാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല അതുകൊണ്ട് ഭാഷകാലം വ്യാഖ്യാനിച്ചെന്താണ് സർവപ്രത്യദർശിയ സർവപ്രത്യങ്ങളെയും ദർശിക്കുന്നവർ ആ ഭാഗം കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി പറയും സർവപ്രത്യക ദർശി എന്ന് പറഞ്ഞാലും നമുക്ക് സംശയം വരാം ഈ പുസ്തകത്തെ ദർശിക്കുന്നവൻ എന്താ ഈ പുസ്തകത്തിൽ നിന്ന് വേറെയാണ് തികച്ചും വേറിട്ട് നിൽക്കുന്നവനെ പുസ്തകത്തെ കാണാൻ കഴിയും ദ്രഷ്ടാവ് പേര് ദൃശ്യം വേറെ പ്രത്യേകങ്ങളുടെ ദ്രഷ്ടാവായിരിക്കുന്ന അവനാണ് പ്രതിബോധ വിജിതം എന്ന് പറഞ്ഞത് അങ്ങനെ പറയുമ്പോ പ്രത്യങ്ങൾ വേറെ പ്രത്യേകങ്ങളുടെ ദൃഷ്ടാവ് വേറെ എന്ന് വരും അപ്പോ ഓരോ പ്രത്യയങ്ങളിലും വിചിതമായിരിക്കുന്നവൻ എന്നെന്തുകൊണ്ട് പറഞ്ഞു കാരണം ഇത് പ്രത്യേകങ്ങളുടെ ദഷ്ടാവ് മാത്രമാണ് ഓരോ പ്രത്യേകങ്ങളിലും വിദിതമാകുന്നവനുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് പ്രത്യേക പ്രത്യേകാത്മതയ വിജിതം നമ്മൾ പുസ്തകത്തെ കാണുമ്പോൾ പുസ്തകത്തിന്റെ പ്രത്യേകാത്മാവായല്ല തന്നെ അറിയുന്നത് പരമാർത്ഥത്തിലതാണ് ഏകമായ ഒരു ഉണ്മയിൽ സർവവും ആരോപിച്ചിരിക്കുകയാണ് അത് പരമാർത്ഥമാണ് പക്ഷേ പുസ്തകത്തിന്റെ പ്രത്യേകാത്മാവായി തന്നെ അറിയാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ പുസ്തകത്തിന്റെ സ്വരൂപമായിട്ട് തന്നെ ഉണ്ടറിയുന്നു പുസ്തകത്തെ അറിയുന്നു കാണുന്ന വസ്തുവിന്റെ സ്വരൂപം വസ്തുവാണ് അങ്ങനെയാണ് ഇവിടെ പ്രത്യേകങ്ങളിലൂടെ അറിയുന്നു എന്ന് പറയുമ്പോൾ ആ പ്രത്യേകങ്ങളുടെ സ്വരൂപമായി അറിയുന്നു പ്രത്യേകങ്ങളുടെ സ്വരൂപം എന്നറിയണം അതിനാണ് ഉദാഹരണം പറഞ്ഞിരുന്നത് അഗ്നിയുടെ സ്വരൂപമാണ് പ്രകാശം എന്ന് പറഞ്ഞാൽ പ്രകാശം തന്നെ അഗ്നി അഗ്നിയുടെ സ്വരൂപമാണ് ഉഷ്ണം ചൂട് എന്ന് പറഞ്ഞാൽ ചൂട് തന്നെ ആഗ്രഹിക്കും അതുപോലെ പ്രത്യേകങ്ങളുടെ പ്രത്യേകാത്മാവായി ആണ് അറിഞ്ഞിരിക്കുന്ന പറയുന്നത് സാക്ഷി എന്ന് പറയുമ്പോൾ ദൃശ്യം വേറെ ദഷ്ടാവ് വേറെ എന്ന് തോന്നുന്നു പ്രത്യേകാത്മാവെന്ന് പറയുമ്പോ ആ ദഷ്ടാവിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തതാണ് ഈ പ്രത്യേകത അത് വേർതിരിക്കാന പ്രത്യേകങ്ങളെ നമുക്ക് പ്രത്യേകങ്ങളെ ദർശിക്കുന്നവരിൽ നിന്നും ഭിന്നമാക്കാൻ കഴിയും അതുകൊണ്ടാണ് അത് കഴിയാത്തത് നമുക്ക് ഈ പുസ്തകത്തെ കാണുമ്പോ കാണുന്നവനിൽ നിന്ന് ഈ പുസ്തകത്തെ വേർതിരിക്കാം അതാണ് നമ്മൾ പറയുന്നത് എന്റെ പുസ്തകം നിന്റെ പുസ്തകം ഉണ്ടായ പുസ്തകം നശിച്ച പുസ്തകം പുസ്തകത്തെ വേറിട്ട് കാണുമ്പോൾ അതുപോലെ പ്രത്യേകങ്ങളുടെ സാക്ഷിയായിരിക്കുന്നവരിൽ നിന്നും പ്രത്യങ്ങളെ വേർതിരിക്കാനുള്ളത് എന്തുകൊണ്ട് ഈ സാക്ഷിയും അറിവാണ് പ്രത്യയം എന്ന് പറയുന്നത് അറിവാണ് അപ്പോൾ നമ്മളോട് ഈ പ്രത്യയങ്ങളിൽ അറിവിനെ കണ്ടുപിടിക്കാനല്ല പറയുന്നത് പ്രത്യയങ്ങളിൽ ബോധത്തെ സാക്ഷാത്കരിക്കാനല്ല പറയും അങ്ങനെയല്ല പറയുന്നു അത്രയൊരു ശ്രമം അല്ല നമ്മളോട് ആവശ്യപ്പെടുന്നു പ്രത്യേകത്തെ നമ്മൾ പ്രത്യേകം പറയുന്നത് മലയാളത്തിലെ അറിവ് അറിവിന്റെ നൈരന്തര്യം നമുക്ക് അതിൽ അനുഭവപ്പെടുന്ന പലതും എന്തൊക്കെയാണ് ഉത്പത്തി നാശം അതിന്റെ നൈരന്തര്യം അതിൽ വളരെയധികം കാര്യങ്ങൾ വരുന്നുണ്ട് അതിൽ വരുന്ന ഭ്രാന്തി അറിൽ വരുന്ന സംശയം അറിവിൽ വരുന്ന അജ്ഞാനം എനിക്കിതിനെ അറിയാം എന്നറിയുന്നില്ല ഞാനിതിനെ മറ്റൊന്നായി അറിയുന്നു അറിഞ്ഞതിന് ഞാൻ വിസ്മരിച്ചതെല്ലാം അറിവിന്റെ പല ഭാവങ്ങൾ ഇതെല്ലാം ചേർത്താണ് പ്രത്യേകങ്ങളെന്ന് പറയുന്നത് ഈ അറിവ് എനിക്ക് വ്യക്തമാണ് ഇതെനിക്ക് അഭിവ്യക്തമാണ് ഇത് ദൃഢമാണ് അതിൽ തന്നെ വരുന്ന സവികല്പ നിർവികൽപാവങ്ങളെല്ലാം അറിവിന് ഇത് അറിവിന്റെ നാനാരൂപങ്ങൾ അറിവേക രൂപത്തിലെ പ്രകാശിപ്പിക്കുന്നു പുസ്തകത്തെ പ്രകാശിപ്പിക്കുന്നു മേശ പ്രകാശിപ്പിക്കുന്നു പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളെയും പ്രകാശിപ്പിക്കുന്നു അറിവ് അവിടെ വിഷയങ്ങൾക്കനുസരിച്ചറിഞ്ഞു പറഞ്ഞു അതുകൂടാതെ അറിവ് സ്വഭാവേനെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു അതിനൊന്നുമുമ്പ് പറഞ്ഞത് സംശയ വിരിയ അജ്ഞാന സ്മരണ വിസ്മരണ ഇങ്ങനെ പല രൂപങ്ങൾ അറിവിന്റെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ രൂപങ്ങൾ അത് എന്തിന്റെ രൂപങ്ങളാണ് അറിവിന്റെ രൂപങ്ങൾ അപ്പോൾ അവിടെ മാറാതിരിക്കുന്ന ഒന്നുണ്ട് അത് അറിവ് അപ്പൊ അറിവിൽ നിന്ന് ഈ അറിവിന്റെ ഈ നൈരന്തിര്യവും ഉത്പത്തിനാശങ്ങളും ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ മാറാതിരിക്കുന്ന ഒന്നുണ്ട് അറിവ് അതിന്റെ നാനാരൂപത്തെ നാനാ ആകാരങ്ങൾ വിട്ടുകഴിഞ്ഞാൽ വിഷയത്തെ ആശ്രയിച്ചു വരുന്നതും വിഷയങ്ങളെ ആശ്രയിക്കാതെ വരുന്നതുമായ നാനാ രൂപങ്ങൾ വിട്ടുകഴിഞ്ഞാൽ വിടുന്നുവെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ ശേഷിക്കുന്നതാണ് അറിവ് ആ അറിവ് തന്നെയാണ് സാക്ഷിയിൽ നിന്നും അനന്യമായിരിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞു പ്രത്യേക പ്രത്യേകാത്മ അല്ലാതെ നമ്മൾ ഇങ്ങനെ മാറി മറയുന്ന അറിവിൽ പുതിയ എന്തിനെങ്കിലും ഒന്നിനെ സാക്ഷാത്കരിക്കാൻ പറയുകയാണ് അസമ്യക് ദർശനമാണ് ഈ അറിവിന്റെ വാസ്തവ സ്വരൂപം അതായത് ഏതെന്നാണ് വിഷയത്തോടു കൂടിയിരിക്കുന്ന നാനാ അറിവുകളെ അറിയുന്നത് ഏതെന്നാണ് സ്വയം നാനാ രൂപങ്ങളെ പ്രാപിക്കുന്ന ഈ അറിവിനെ അറിയുന്നു ഏതെന്തിനാണിത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അറിവിന്റെ പ്രത്യേക സ്വരൂപം എന്നറിയണം അതാണ് പ്രതിബോധത്തിനും ആ പ്രത്യേകാത്മാവ് വിചിതമായിരിക്കുന്നു എന്ന് പറയുന്നത് അവിടെ പ്രത്യേകാത്മാവിനെ കണ്ടെത്താൻ വേണ്ടി പ്രത്യേകിച്ച് അഭ്യാസങ്ങളൊന്നും പറയുന്നുണ്ട് ഇനിയും പറയും എന്തുകൊണ്ട് അത് സർവത്തെയും പ്രകാശിപ്പിക്കുന്നതാണ് സാക്ഷിയായിരുന്നുകൊണ്ട് സർവത്തെയും പ്രകാശിപ്പിക്കുന്നു അതിൽ സർവവും പ്രകാശിക്കുന്നു അതുകൊണ്ട് അതിനെ എവിടെയെങ്കിലും കണ്ടെത്തുക അതിനെ സാക്ഷാത്കരിക്കാതിന് മറ്റൊരാളില്ല അറിവിനെ അറിയുന്നതിനും മറ്റൊരറിവില്ല ഏകമായ അറിവിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവേകം അതാണ് സംയുക്ത ദർശനം എന്നാണ് അല്ലാതെ നമുക്ക് പ്രതീതമാകുന്ന ഒരു അർത്ഥം എന്താണോ നമ്മുടെ ഈ ഓരോ അറിവിലും വിചിതമായിരിക്കുന്ന എന്തോ ഒന്ന് അതാണ് ആത്മാവ് അതിനെ ഓരോ അറിവിലും നമ്മൾ സാക്ഷാത്കരിക്കണം അതിനുവേണ്ടി ഒരു യത്നം ആവശ്യമാണ് അതെല്ലാം കൂടെ ബോധിപ്പിക്കുന്നു ഇത് യത്ന നിരപേക്ഷമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അറിവ് സ്വയം പ്രകാശിക്കുന്നതാണ് അവിടെ യത്നത്തിന്റെ ആവശ്യമില്ല യത്ന നിരപേക്ഷമായി പ്രകാശിക്കുന്ന ഇതിനെ യത്നം കൊണ്ട് അറിയാൻ സാധ്യമല്ല ബുദ്ധിയുടെ പ്രവൃത്തി കൊണ്ടറിയാൻ സാധ്യമല്ല അതുകൊണ്ടാണ് അതിനെ സമ്യക് ദർശനം എന്ന് പറഞ്ഞത് പിന്നെ വിവേകം ഗ്രഹിപ്പിക്കുന്ന ഇതാണ് ഇതങ്ങനെ വിഷയത്തിൽ ഇതിനെ അറിയുന്നതല്ല അതാണ് വിവേകം ഇത് പ്രത്യേക പ്രത്യേകാത്മാവാണ് ഈ അറിവും ഇവിടെ പറയുന്ന സാക്ഷിയും ഒന്നാണ് അറിവെന്ന തലത്തിൽ ഒന്നാണെങ്കിൽ പിന്നെ ഇതിനാരറിയും പിന്നെ അറിയാൻ ഒരാളില്ല ഇവിടെ മണ്ണും മൺപാത്രവും ഒന്നാണ് പിന്നെ ഇവിടെ ആരാ മണ്ണിന് പാത്രത്തെ അറിയാൻ കഴിയുമോ പാത്രത്തിന് മണ്ണിനെ അറിയാൻ കഴിയും രണ്ടും ഒന്നായി അതാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം പ്രത്യയവും സാക്ഷിയും ഒന്നാണ് ഒന്നാണെന്ന് പറയുന്നതിനാണ് പറയുന്നത് പ്രത്യേകത്തിന്റെ പ്രത്യേക സ്വരൂപമാണ് സാക്ഷി അറിവ് വേഗമാണ് ആത്മാവേഗമാണ് എന്നെല്ലാം പറയുന്നത് വേറെ രീതിയിൽ പറഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മൾ ഇതിനെ പ്രത്യേകങ്ങളിൽ കണ്ടെത്തുകയോ പ്രത്യേകങ്ങളിൽ സാക്ഷാത്കരിക്കുകയോ ചെയ്യുന്നു എന്നല്ല പറയുന്നത് ഈ പ്രത്യേകങ്ങൾക്കൊരു പരമാർത്ഥ രൂപമുണ്ട് ഈ പ്രത്യേകങ്ങളിൽ ഒരു മാറുന്ന രൂപമുണ്ട് ആ പരമാർത്ഥ അത് സ്വയം പ്രകാശിക്കുന്ന സ്വയം അറിവായിരിക്കുന്ന ഒന്നാണ് ആ സ്വയം പ്രകാശിക്കുന്ന അറിവാണ് ഈ ശ്രോതാവിന്റെ സ്വരൂപം എന്ന് ബോധിപ്പിക്കുകയാണ് അതിനെ ഈ മാറുന്ന പ്രത്യയങ്ങളുമായി ബന്ധപ്പെടുത്തി ബോധിപ്പിക്കുന്നു കാരണം അറിവിന്റെ ഏറ്റവും പ്രകടമായ ആ രൂപം അതാണ് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ബോധം മാറിക്കൊണ്ടിരിക്കുന്ന ആ ബോധം നിന്നിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ മാറിക്കൊണ്ടിരിക്കുന്ന ബോധത്തിൽ മാറ്റമില്ലാതിരിക്കുന്ന ഒന്നുണ്ട് അതിലാണ് ആ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബോധത്തിന്റെ മാറ്റം മാറിക്കൊണ്ടിരിക്കുന്ന ആ ബോധത്തെ പ്രത്യമെന്നും ആ മാറ്റത്തിൽ തന്നെ മാറ്റമില്ലാതെ സ്ഥിതി ചെയ്യുന്ന സാക്ഷിയെന്നും പറയുന്നു ഇതാണ് അറിവും ആത്മാവും തമ്മിലുള്ള ബന്ധം ഒന്നുള്ളവർ ഇത് ബോധ്യപ്പെടുക ഇതിനെ സ്വസ്വരൂപമായി ധരിക്കുക ഇത് തന്നെയാണ് ബ്രഹ്മം എന്ന് ശ്രുതി ബോധിപ്പിക്കുന്നത് ഇതിനെ തന്നെയാണ് സ്വന്തം ആത്മാവെന്ന് താൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്റെ സ്വരൂപം താൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിരപേക്ഷമായി പ്രകാശിക്കുന്ന ഒന്നാണ് അതിനുവേണ്ടിട്ടാണ് ഈ ശ്രുതിയെ ദൃഷ്ടേഹേ ദൃഷ്ട ദൃഷ്ടിയുടെ ദൃഷ്ടാവ് ശ്രുതിയുടെ ശ്രോതാവ് അറിവിനെല്ലാം അറിവായിരിക്കുന്നത് അറിവിന്റെ വാസ്തവ സ്വരൂപമായിരിക്കുന്നത് മാറുന്ന അറിവിൽ മാറ്റമില്ലാത്ത അറിവായിരിക്കുന്നത് എന്തൊന്നിനെ ആശ്രയിച്ചാണോ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതിനെ പ്രത്യേകിച്ചൊരു സ്ഥലത്ത് കണ്ടെത്താനിവിടെ രണ്ടാമതൊരാളില്ല അറിവല്ലാതെ അറിവിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഒരാളില്ല അതിന്റെ ആവശ്യം വരുന്നെന്തുകൊണ്ട് അറിവിന്റെ അസുരൂപം തന്നെ സാക്ഷാത്കാരമാണ് ഒ പിന്നെ ഇതിന്റെ ആവശ്യം തോന്നുന്നു അറിവ് സ്വയം പ്രകാശിക്കുന്നു എങ്കിൽ ഈ വിദ്യയുടെ ആവശ്യം തോന്നുന്നു അത് ഇത് തന്നെ എന്താണോ ഈ അറിവിനെ സംബന്ധിച്ചുള്ള ഭ്രാന്തികളെ ദൂരീകരിക്കുക ഭ്രമങ്ങളെ ദൂരീകരിക്കുക അജ്ഞാന സംശയങ്ങളെ ദൂരീകരിക്കുക അങ്ങനെയല്ലല്ലോ നമ്മൾ ധരിക്കുന്നത് ശാസ്ത്ര രണ്ട് രീതിയിൽ പറയും ഒന്ന് സിദ്ധാന്തം എന്തിനാണോ അത് െളിപ്പെടുത്തിയത് അതിനെ കൂടുതൽ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു മറ്റൊന്ന് ഇതിനെ ഒരാൾ വെളിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അടുത്ത ശ്രമിച്ചാൽ വികല്പങ്ങൾ കടന്നു വരും നാനാ അതാണ് തുടർന്ന് ചർച്ച ചെയ്യുന്നത് എന്തിനാ ഈ പൂർവപക്ഷം സിദ്ധാന്തം പോരെ പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ് അപ്പൂർവക്ഷം ഇല്ലാതാവണമെങ്കിൽ തന്റെ വകല്പങ്ങൾ ഒഴിയണം എന്നാൽ പൂർവപക്ഷമില്ല ഈ വികല്പം എന്ന് പറയുന്ന മനസ്സിന്റെ കൂടപ്പിറപ്പാണ് എപ്പോഴും കാണും അവിടെ വികല്പം ഒഴിഞ്ഞ് മുന്നോട്ട് പോവുക പ്രയാസമുള്ള കാര്യമാണ് ഒരു ശരിയായ ധാരണ വരുമ്പോൾ അവിടെ നൂറ് വികൽപ്പങ്ങളും വരും അതിനോടൊപ്പം വരും ആ വികല്പങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുറവർഷങ്ങളെ ഉന്നയിച്ച് ഈ പുറവർഷം വാസ്തവത്തിൽ ഇതേ രൂപത്തിലല്ലെങ്കിലും ഇവിടെ ഇത് അവതരിപ്പിക്കുന്നത് പ്രണാദന്റെയും ബുദ്ധന്റെയും ഒക്കെ അഭിപ്രായങ്ങളായിട്ടാണ് അതേ രൂപത്തിലല്ലെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ മനസ്സിലുണ്ട് ആ വികല്പത്തെ വിട്ടിട്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല ശാസ്ത്രം ബോധിപ്പിക്കുന്നു അല്ലെങ്കിൽ ഗുരു ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗ്രഹിക്കുന്നത് നമ്മുടെ മനസ്സാണ് അത് പലപ്പോഴും ഗ്രഹിച്ചില്ല എന്ന് വരും അജ്ഞാനം ഏകദേശം ഗ്രഹിച്ച് ഏകദേശം ഗ്രഹിക്കാതെ ഒരു വികൽപ്പം അപൂർണമായി ഗ്രഹിക്കുക മുമ്പ് ഭാഷകാരനോട് പറ യഥാവ് അയഥാവത് പൂർണമായി അപൂർണമായി ഗ്രഹിക്കും വിപരീതമായി ഗ്രഹിക്കുന്നു അതാ കൂടുതൽ സംഭവിക്കുന്നു മഹത്വ കണ്ട വാക്കുകളെ നമ്മൾ വിപരീതമായി ഗ്രഹിക്കും തൻ ആധ്യാത്മിക മാർഗത്തിലാണെങ്കിൽ ശരി മഹത്വം കണ്ട വാക്ക് തനിക്ക് വിപരീതമാണെന്ന് ധരിക്കും അങ്ങനെ ധരിക്കും നമ്മൾ ധരിക്കാറുണ്ട് പറഞ്ഞിരിക്കുന്നു ഭാഷകാരൻ അതിനെ വിശദീകരിക്കുന്നു നമ്മൾ സ്വയം കരുതുന്നു എന്താണോ ഇത് എനിക്ക് വിപരീതമായ കാര്യമാണ് എനിക്ക് യോജിച്ചതല്ല ഇത് വകല്പം അതുകൊണ്ട് നമ്മൾ അതിനെ തിരസ്കരിക്കും കുറഞ്ഞപക്ഷം അതിന് ഉദാസീനനാകുകയെങ്കിലും ചെയ്യും എന്നിട്ട് സ്വയം കരുതുമെന്നാണോ എനിക്കിതാണ് ശ്രേഷ്ഠം എന്നെ സംബന്ധിച്ച് ശ്രേഷ്ഠമായിരിക്കുന്നത് ഇതിനെ തിരസ്കരിക്കുക അല്ലെങ്കിൽ ഇതിന് ഉദാസീനമാകുക എന്ന് കരുതുന്നു അങ്ങനെ കരുതുന്നില്ല നമ്മളെപ്പോഴും കരുതിയില്ലെങ്കിലും ചിലപ്പോഴെങ്കിലും കരുതും നമ്മളെല്ലാവരും കരുതിയില്ലെങ്കിലും ചിലരെങ്കിലും കരുതും ഇതാണ് വികല്പറ ഞാൻ തന്റെ പ്രകൃതിക്ക് അനുസരിച്ച് തന്നെ താൻ പോകാൻ ഇഷ്ടപ്പെടും തന്റെ പ്രകൃതിയിൽ എന്തെല്ലാം ന്യൂനതകളുണ്ടെങ്കിലും അതിനോടൊപ്പം പോകാൻ ആഗ്രഹിക്കും ഇവിടെ അതല്ല ഇവിടെ ഋഷിയും ആചാര്യനും നമ്മുടെ പ്രകൃതിയെ ഞാൻ പറയും എനിക്കിഷ്ടമില്ല അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല അതെനിക്ക് വേണ്ടതല്ല എന്ന് പറയും എത്ര കടുത്ത രോഗമുണ്ടെങ്കിലും കുട്ടികളെ മരുന്ന് കഴിപ്പിക്കാൻ പ്രയാസം രോഗത്തിന്റെ തീവ്രതയനുസരിച്ച് കുട്ടി താൽപ്പര്യത്തോടെ മരുന്ന് കഴിക്കുന്നത് രോഗം മാരകമാണ് അതുകൊണ്ട് ജീവനാശം തന്നെ വരും ഇതെല്ലാം മരുന്ന് കൊടുക്കുന്ന വൈദ്യനറിയാം മരുന്ന് കഴിപ്പിക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾക്കറിയാം പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് മരുന്നിന് തിരസ്കരിക്കും എന്തുകൊണ്ട് അതിന്റെ പ്രകൃതി അതാണ് അതിന്റെ പ്രകൃതിക്കനുസരിച്ച് പോകാൻ പറ്റും ഈ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒട്ടുമുക്കാൽ പേരും ഈ വികല്പങ്ങളെ കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വികൽപ്പങ്ങളെ ഉദാസീനരായിരിക്കുന്നവരാണ് അതിനെ മാറ്റുന്ന ഉപായങ്ങളെ തിരസ്കരിക്കുന്നവരാണ് അതാണ് കണ്ടുവരുന്നത് അത് തന്റെ ഒരു ന്യൂനതയാണെന്ന് പോലും മനസ്സിലാക്കത്തു അത് തനിക്കൊരു ഭൂഷണമാണെന്ന് കരുതി കൊണ്ടുവേണം ഇതിനെ സംബന്ധിച്ച് ഒരെത്തും പിടിയും എന്നാൽ താൻ എവിടെയോ എത്തിയെന്നുള്ള ധാരണയിൽ സഞ്ചരിക്കും അതാണ് പൂർവപക്ഷം പൂർവപക്ഷം ഇല്ലെങ്കിൽ ഇത് വളരെ നിർജ്ജീവമായി ഈ തത്വത്തെ നമുക്ക് ഉപകാരപ്പെടത്തക്ക രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഈ പുറവോഷങ്ങൾ അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിന് എഴുതിയിരുന്ന കാര്യം ഇവിടെ ഒരു ചോദ്യമായി ഉന്നയിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ മനസ്സിൽ തന്നെ കടന്നുകൂടിയിട്ടുള്ള വിരുദ്ധചിന്തകളെ പുറത്തെടുക്കുകയാണ് അതാണ് പരമാർത്ഥ ഈ രൂപത്തിലായിരിക്കില്ല ഏതെങ്കിലും രൂപത്തിൽ അതുണ്ട് ആ തത്വത്തെ നമ്മൾ തിരസ്കരിക്കുന്നില്ല എന്ന് സ്വയം ബോധ്യപ്പെടണമെങ്കിൽ പൂർവശത്തെ അറിയണം അല്ലെങ്കിൽ നമ്മൾ അതിനെ തിരസ്കരിക്കുന്നോ അതെ സ്വീകരിക്കുന്നോ നമുക്ക് തന്നെ അറിയാൻ കഴിയാറുള്ളൂ പറയാറുണ്ടല്ലോ ഇരുട്ടിൽ തപ്പുന്നു ഒട്ടും മുക്കാലും ഇരുട്ടിലാണ് തപ്പുന്നത് ആരാണോ ഇതിന് ചെവി കൊടുക്കാതിരിക്കുന്നത് ഇതിന് ശ്രദ്ധിക്കുന്നത് മനസ്സിലാക്കും എവിടെയാണ് ഇരു എവിടെയാണ് വെളിച്ചം ഇത് ശ്രദ്ധിച്ചാലേ മനസ്സിലാകും എന്നിരിക്കെ ഇത് ശ്രദ്ധിക്കാതിരുന്നാലും തകർന്നത് ഇനി ശ്രദ്ധിക്കാൻ ഒരാൾ തയ്യാറാകുന്നില്ലെങ്കിൽ അയാൾ എങ്ങനെ മനസ്സിലാക്കും വിരളം വിളിച്ചു എന്താണ് തത്വബോധം എന്താണ് ഭ്രാന്തി എന്താണ് വികല്പങ്ങൾ ഇതെങ്ങനെ ഒരാൾ തിരിച്ചറിയും ഇപ്പോ ഗുരുപ്രാപ്തി എന്നുള്ളതുകൊണ്ടായില്ല ഗുരുപ്രാപ്തി എന്ന് പറയുന്നത് സർവചരാചരങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും മാത്രമുള്ളതല്ല കാരണം പ്രപഞ്ചം തന്നെ ഗുരുവായിരിക്കുമ്പോ പ്രപഞ്ചത്തില് സർവചരാചരങ്ങൾക്കുണ്ടാ ഗുരുപ്രാപ്തി പക്ഷെ അത് ഉപയോഗപ്പെടുത്തുന്നവർ വളരെ ചുരുക്കം അതിലൊന്നും ശ്രമിക്കുന്നവരാണ് കൂടുതൽ എന്തുകൊണ്ട് തന്റെ പ്രകൃതിയോട് ഇണങ്ങിപ്പോവാനാണ് ആഗ്രഹിക്കുന്നവരാവരും ഭഗവാൻ തന്നെ പറഞ്ഞു ആരാ ഇതിനെ നിഗ്രഹിക്കുന്നത് സാധകന്മാരാണ് അത് നിഗ്രഹിക്കേണ്ടത് അതിനുവേണ്ടി സിദ്ധാന്തവും പൂർവക്ഷവും രണ്ടും മനസ്സിലാക്കുന്നു അതിനടുത്ത് പറയുന്ന യഥാപിണീ ബോധക്രിയ ലക്ഷണേന തത്കർത്താരം വിധാനാതീരി ബോധലക്ഷണേന വിദ്യുതം പ്രതിബോധവിദ്യുതം ഇരി വ്യാഖ്യായതി ഇതെല്ലാം നമുക്ക് തോന്നുന്ന താൽപ്പര്യങ്ങളാണ് വാസ്തവ താല്പര്യവും നമുക്ക് തോന്നുന്ന താല്പര്യങ്ങളുമുണ്ട് ഗുരുവിന്റെ ഉപദേശം നമ്മൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്ന അനുസരിച്ച് നമ്മളതിന്റെ വാസ്തവ താല്പര്യമായിരിക്കില്ലെന്ന് നമുക്ക് തോന്നുന്ന താല്പര്യങ്ങളാണ് അമിഥ്യാധാരണയിൽ നിന്നുകൊണ്ട് നമ്മൾ അഭിമാനിക്കും എന്താണോ ഞാൻ ഗുരുവിന്റെ ഉപദേശങ്ങളനുസരിച്ച് ജീവിക്കുന്നവനാണ് ഗുരുവിന്റെ ഉപദേശം മനസ്സിലാക്കിയാലല്ലേ അനുസരിക്കാൻ പറ്റും അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ ബോധത്തിന്റെ തന്നെ വൈരുദ്ധ്യങ്ങളെ തിരിച്ചറിഞ്ഞാൽ ആ വൈരുദ്ധ്യങ്ങൾ നമ്മൾ മനസ്സിലാകും എന്താണ് എന്താണ് ഗുരുവിന്റെ താല്പര്യം എന്താണ് തന്റെ താല്പര്യം അതാണ് ആ വൈരുദ്ധ്യം വരുന്നത് വൈരുദ്ധ്യം എന്ന് പറയുന്നത് തന്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഗുരുവിന്റെ താല്പര്യവും തന്റെ താല്പര്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് സ്വയം നോക്കുക ഗുരുവിന്റെ താൽപര്യവും തന്റെ താൽപ്പര്യങ്ങളും തമ്മിലുള്ളിൽ സംഘർഷമുണ്ടോ ഉണ്ടായിരിക്കും ഉണ്ടാകും അതാണ് വൈരുദ്ധ്യം ഗുരുവിന്റെ താൽപ്പര്യത്തെ അല്ല നമ്മൾ ഗ്രഹിച്ചിരിക്കുന്നത് ഉപദേശം ഗുരുവിന്റെ താല്പര്യം നമ്മുടേത് അങ്ങനെയാ പോകുന്നത് അതുകൊണ്ട് നമ്മൾ ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല അവൻ എത്രയും കാലം ഗുരുവിന്റെ സന്നിധിയിൽ കഴിഞ്ഞു പക്ഷെ അവനൊന്നും ഇത് പ്രതീക്ഷിച്ചതല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഗുരുവിന്റെ താല്പര്യമല്ല അവന്റെ താല്പര്യം അവൻ ഗ്രഹിച്ചിട്ടില്ല തന്റെ താല്പര്യത്തിനനുസരിച്ച് എന്നും പോയി ഗുരു പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഗുരുവിന്റെ താല്പര്യത്തെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അവൻ സ്വന്തം പ്രകൃതിക്ക് അധീനനായി ഈ പറയുന്ന ഉപദേശങ്ങളുടെയൊക്കെ താൽപ്പര്യം നമ്മൾ ഇങ്ങനെയും ഗ്രഹിക്കാം എന്താണ് ബോധക്രിയ കർത്തയതി ബോധക്രിയയുടെ കർത്താവായ ഒരാളുണ്ട് എവിടെയാണോ ഈ ബോധങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഈ ബോധങ്ങളെ സൃഷ്ടിക്കുന്ന ഒരുവരുണ്ട് ആത്മാവ് അത് ആത്മാ ഉള്ളിൽ ബോധ തരംഗങ്ങളെങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് സമുദ്രത്തിൽ സമുദ്രം ജലതരംഗങ്ങളെ സൃഷ്ടിക്കുന്നു സമുദ്രമാണല്ലോ ചെയ്യുന്നത് അതുപോലെ ബോധക്രിയ കർത്ത ബോധക്രിയാലക്ഷണേന തർത്താരം വിജാനാദി പ്രതിബോധവിദ്യതും ോധത്തിലൂടെ ഈ ബോധത്തെ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോധ സ്ത്രീയുടെ കർത്താവായ ഒരുവൻ ആത്മാവ് അതറിയുന്നതിനുള്ള അടയാളം എന്താണ് ഈ ബോധം തന്നെ ബോധത്തിലൂടെ ബോധകർത്താവിനെ അറിയില്ല അങ്ങനെ ഒരുവൻ മനസ്സിലാക്കാം ബോധലക്ഷണേന വിധിതം അതിന് അടയാളമാണ് ബോധം ആ അടയാളം കൊണ്ട് അറിയുന്നവനെ അറിയുക പ്രതിബോധവിദിത്തം വിധിവേഖ്യമായിട്ട് നമ്മൾ അങ്ങനെ ധരിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഈ അറിവിലൂടെ ഈ അറിവിന്റെ സ്രഷ്ടാവിന് അവനെ നമ്മളറിയാൻ ശ്രമിക്കും അതാണീ പറയുന്നതെന്ന് ധരിക്കും എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞതെന്ന് തമ്മിൽ വ്യത്യാസം ഇവിടെ ഈ നിരന്തരമായ അറിവിലൂടെ അറിവിന്റെ സൃഷ്ടാവിനെ അറിയാൻ എന്നെ പറയുന്നു അറിവിന്റെ പ്രത്യേക സ്വരൂപത്തെ അറിയാൻ പറയുന്നു അറിവിന്റെ പ്രത്യേക സ്വരൂപം ഏതാണോ അതാണ് നീ എന്നാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് രണ്ടും രണ്ടു കാര്യമുണ്ട് അറിവിന്റെ ആ പ്രത്യേക സ്വരൂപം അറിവിനെ സൃഷ്ടിക്കുന്നവനല്ല എന്തുകൊണ്ട് അത് അറിവ് തന്നെയാണ് അറിവിന്റെ സൃഷ്ടികർത്താവും അറിവും അങ്ങനെ രണ്ടില്ല പക്ഷെ ഇങ്ങനെ നമ്മൾ ധരിക്കാം ഇങ്ങനെ ധരിച്ചിട്ടുള്ളവരുണ്ട് അങ്ങനെ ധരിച്ച ശിഷ്യന്മാരോ അങ്ങനെ ധരിക്കുന്ന വാദികളോ ഉണ്ട് അതുകൊണ്ടാണ് ഭാഷധാരൻ അത് എടുത്ത് പറയുന്നത് അങ്ങനെ ധരിക്കരുത് ഇവിടെ രണ്ടെണ്ണം ബോധിപ്പിക്കുന്നില്ല അറിവിന്റെ സ്വരൂപത്തെയാണ് ബോധിക്കുന്നത് അറിവെന്താണെന്ന് നമുക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല അത് നിരന്തരം നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ സ്വരൂപം അതിന്റെ വാസ്തവ സ്വരൂപം എന്താണോ അതാണ് ബോധിപ്പിക്കുന്നത് അതാരെങ്കിലും സൃഷ്ടിച്ച അതിൻ്റെ ഒരു സൃഷ്ടി കർത്താവില്ല കുലാനൻ മുൻപാത്രത്തെ ഉണ്ടാക്കുന്നതുപോലെ ഒരാളിരുന്ന് അറിവിനെ സൃഷ്ടിക്കുന്നില്ല സൃഷ്ടിയും സൃഷ്ടാവും ഒന്നും രണ്ടില്ല ഒന്നേ ഉള്ളൂ അതെന്താണ് അതാ അറിവിന്റെ വാസ്തവ സ്വരൂപം തന്നെ അതാണ് നമ്മൾ ധരിക്കുന്നതിന് വരുന്ന വികല്പം യഥായുഖാ ചാലി സവായുരി ചിത്രം അങ്ങനെ നമ്മളെ അനുമാനിക്കുന്നു ആരാണോ ആ വൃക്ഷത്തിന്റെ ചില്ലകളെ ചലിപ്പിക്കുന്നത് അതാണ് വായു എന്തുകൊണ്ട് വായുവിനെ കാണാൻ കഴിഞ്ഞു പക്ഷെ ദൂരെ വൃക്ഷത്തിന് കാറ്റ് വീശുന്നുണ്ടെന്നറിയാം അതിന്റെ ഇലകൾ അനങ്ങുന്നുണ്ട് അപ്പം ഇലകൾ അനക്കുന്നതാരോ അതാണ് വായു അതുപോലെ നിരന്തരമായ ഈ ബോധപ്രവാഹം അതിന്റെ പിന്നിൽ ഒരുവനുണ്ട് ഊഹിക്കുകയാണ് ആരാണോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അങ്ങനെല്ലാം മനസ്സിലാക്കുന്നുണ്ട് കാരണം ഇത് ബാഹ്യമായ വൃക്ഷവും ബാഹ്യമായ വായുവല്ലവരൂപത്തെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് പ്രത്യേകിച്ച് രൂപത്തെയാണ് ബോധിപ്പിക്കുന്നത് അവിടെ അനുമാനിച്ചറിയാനൊന്നുമില്ല അനുഭവിച്ചറിയാനോ ഒന്നുമില്ല രണ്ടും കൂടെ വ്യർത്ഥം അനുമാനിച്ചെറിയാനും ഇവിടെ ഒന്നുമില്ല എന്തുകൊണ്ട് സ്വയം അനുഭവമാണ് അനുഭവത്തിന്റെ സ്വരൂപവും അനുഭവം അല്ലാതെ മറ്റെന്താകാനാണ് അറിവിന്റെ സ്വരൂപം അറിവല്ലാതെ മറ്റൊന്നും ആകാൻ വഴിയില്ല ഇവിടെ ഇനി എന്താ പുതുതായി കണ്ടെത്താൻ ശ്രമിക്കുന്നതും അറിവിൽ അറിവല്ലാത്ത ഒന്നിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ അറിവിനെ ഇനി നിങ്ങൾ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് രണ്ടായിരുന്നു അത് അറിവല്ലാതായിരിക്കും അതാണ് ഭാഷക്കാരനും ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് എനിക്ക് ബോധ്യമാകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെന്തോ ചില തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങൾ മാറട്ടെ സ്വഭാവദോഷക്ഷയം എന്നെ പറയാം തഥാ ബോധക്രിയാ ശക്തിമാൻ ആത്മാ അങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്ത് വരും ബോധക്രിയ ബോധം അത് ബോധക്രിയോടുകൂടിയിരിക്കുന്ന ഒരുവൻ ബോധമാകാൻ വഴിയില്ല അതൊരു ദ്രവ്യമാണ് എന്ന് വെച്ചാൽ അതൊരു വസ്തുവാണ് ബോധസ്വരൂപഏവ ബോധസ്വരൂപം എന്ന് ധരിക്കാൻ കഴിയില്ല ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് ബോധിപ്പിക്കുന്നതാണ് ബോധസ്വരൂപമാണ് ഏത് ബോധം ഈ പ്രതിബോധം ആ ബോധത്തിൻ്റെ സ്വരൂപമാണ് ആ ബോധത്തിന്റെ സ്വരൂപം എന്താണോ ആ ബോധത്തിൽ നിന്ന് വേറിട്ടാണോ അല്ല പിന്നെ എന്തിനും ബോധത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് കാരണം ബോധത്തിൽ നാനാരൂപങ്ങൾ നിങ്ങൾ കാണും ആ നാനാരൂപങ്ങളല്ല ഉത്പത്തി നാശങ്ങൾ നിങ്ങൾ കാണും നാനാ ആകാരത്തെ കാണും അതല്ല അതെല്ലാം വിട്ടാൽ ശേഷിക്കുന്നത് അതെല്ലാം നിവർത്തിച്ചാൽ ശേഷിക്കുന്നതാണ് ബോധസ്വരൂപം ബോധസ്തു ജാഗ്രതയും വിനച്ഛദിച്ച അങ്ങനെ കരുതുന്നത് ബോധം ഉണ്ടാകുന്നു നശിക്കുന്നു നമ്മുടെ അനുഭവമാണ് ബോധമുണ്ടാകുന്നു എന്ന് നശിക്കുന്നു അത് പരമാർത്ഥമല്ലെന്നാണ് പറയുന്നത് ബോധമുണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നു സമുദ്രത്തിൽ നിരവധി തരംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് ജലം ഉണ്ടാകുകയും നശിക്കുകയും മറ്റെന്തോ ഒരു മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത് അതിന് നമ്മൾ പേരിടുന്നു തരംഗങ്ങളും ജലമുണ്ടാകുകയോ നശിക്കുകയോ അവിടെ ചെയ്യുന്നില്ല നമ്മൾക്ക് തരംഗമുണ്ടായി നശിച്ചു എന്ന അനുഭവം ഉണ്ടാകുമ്പോഴും ജലം ഏകരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യും പക്ഷെ മറിച്ച് ധരിച്ചുപോകുന്ന എന്താണ് ബോധസ്തു ജാതിയെ വിനശ്ചിതിച്ച യഥാ ബോധോ ജായു തഥാ ബോധ വിശേഷെന്താണോ ബോധോജായ ബോധം ഉണ്ടാകുന്നു ഇപ്പോ ജാഗ്രത്തിൽ ബോധം ഉണ്ടാകുമ്പോ ഞാൻ ചൈതന്യവാനായി മറിച്ച് യഥാ ബോധം നശിതി സുഷുപ്തിയിൽ കഥാ നഷ്ടബോധ ബോധരഹിതനായി ദ്രവ്യ മാത്രം കേവല വസ്തു മാത്രമായി നിർവിശേഷ ഈ ബോധത്തിന്റെ ഉത്പത്തി നാശങ്ങളാകുന്ന വിശേഷങ്ങളൊന്നും കൂടാതെ കേവല വസ്തുവായിരിക്കുന്നു അപ്പോൾ ഒരു വസ്തുവിനെ ആശ്രയിച്ച് ബോധമുണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നു ആ വസ്തു ബോധത്തിൽ നിന്ന് വേറിട്ടാണ് അതാണ് താൻ ഇത്തരം ഭാവനകളെല്ലാം തന്നെ സംബന്ധിച്ച് വരാം ഇത് ബോധപൂർവമായ ഭാവനകളായിരിക്കണമെന്നില്ല നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മൾ തന്നെ അറിയുന്നത് നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒട്ടുമുക്കാലും അജ്ഞയമാണ് താൻ സ്വന്തം അറിവിൽ അഭിമാനിക്കുന്നുണ്ടെങ്കിലും അതിൽ കൂടുതൽ അജ്ഞാനം തന്റെ ഉള്ളിലുണ്ട് വിശേഷിച്ചും ആത്മാവിനെ സംബന്ധിച്ച് ആത്മീയതയെ സംബന്ധിച്ച് അതുകൊണ്ട് ഇത്തരം കല്പനകൾ ഭാവനകളെല്ലാം ആത്മാവിനെ സംബന്ധിച്ച് തന്റെ സംബന്ധിച്ച് അല്ലെങ്കിൽ താൻ ധരിക്കുന്ന അദ്വൈതത്തെ സംബന്ധിച്ചൊക്കെ കടന്നു വരാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തന്റെ അറിവുകൾ പൂർണമല്ല അത് അപൂർണമാണ് അതിനെന്താണ് അപൂർവമാക്കുന്നത് ഇത്തരം ഭാവനകളാണ് ഇതെല്ലാം അവിടെ എവിടെയൊക്കെയുണ്ട് അതിനെപ്പോലും നമ്മൾ വേണ്ട രീതിയിൽ തിരിച്ചറിയുന്നില്ല കുടുംബാഷിക്കാരൻ പറയുന്നത് നിന്റെ ഭാവനകൾ നിന്റെ കൽപ്പനകൾ ഇത്തരത്തിലൊക്കെ ആയിരിക്കും ഞാൻ എന്താ പറയാൻ കാരണം ഈ തത്വത്തെ ബോധിപ്പിക്കുന്നു അതിൻ്റെ ഫലം നിന്നെ കാണുന്നില്ല എന്തുകൊണ്ടാ ബോധിപ്പിച്ചതുപോലെയല്ല ബോധിച്ചത് വിപരീതമായി ഗ്രഹിച്ചു എന്താ വിപരീതഗ്രഹണം അത് ഇതൊക്കെയാണ് ഇതൊക്കെയാണോ ഒരു കുട്ടിയെ ക്ലാസ്സിലിരുത്തി കണക്കോ സയൻസോ പഠിപ്പിക്കുമ്പോൾ അത് പറയും ചിലവ് പറയാറുണ്ടെന്നാണ് ഇതൊന്നും എന്റെ തലയിൽ കയറുന്നില്ല അവ പരീക്ഷിക്കും അധ്യാപകൻ ഒരു കണക്ക് ശരി നീതി ചെയ്തുകൊണ്ടുപോകാം അപ്പോ അത് തെറ്റായി അതിന്റെ ഉത്തരം കണ്ടുപിടിക്കും അപ്പോ അധ്യാപകനും ബോധ്യമാവുന്നു കുട്ടിക്കും ബോധ്യമാകുന്നു എന്താണോ എന്താണോ തന്നെ ബോധിപ്പിച്ചത് അതെന്നെ താൻ ബോധിച്ചത് എന്തൊക്കെയോ ബോധിച്ചത് വിപരീതമായാണോ അസുഖം ബോധ്യപ്പെടുന്നു തന്റെ തെറ്റ് ബോധ്യപ്പെടുന്നു അതുപോലെ തന്റെ വിപരീത ബുദ്ധിയസ്വയും ബോധ്യപ്പെടുത്തുകയാണ് ഇതാണ് തടസ്സമായിരിക്കുന്നത് അല്ലെ ഓരോ തവണ നമ്മൾ തത്വശ്രവിക്കുമ്പോഴും നമ്മളിൽ ഓരോ തെറ്റിദ്ധാരണകൾ മാറുകയാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു പക്ഷെ ഒന്ന് മറന്നും വേറൊരു തെറ്റിദ്ധാരണ കടന്നു വരുന്നു വീണ്ടും ശ്രവിക്കുന്നു വീണ്ടും ആ ധാരണയെ മാറ്റുമ്പോൾ വേരൊന്ന് കിടന്നു വരുന്നു പൂർവപക്ഷവും സിദ്ധാന്തവും ഒരു ധാരണയെ മാറ്റുമ്പോൾ നമ്മൾ സിദ്ധാന്തത്തിലെത്തുന്നു മറ്റൊരു ധാരണ കടന്നു വരുമ്പോൾ പൂർവപക്ഷത്തിലേക്ക് ശരി ഇവിടെ എവിടെയാ തകരാറ് സംഭവിക്കുന്നത് അടുത്തൊരു സിദ്ധാന്തത്തിലെത്തുന്നത് വരെ നമ്മൾ പൂർവപക്ഷത്തെ സിദ്ധാന്തമാണെന്ന് ധരിക്കും ശരിയായൊരു ധാരണ നമ്മളിൽ എത്തുന്നതുവരെ തെറ്റായ ധാരണകളെ നമ്മൾ ശരിയെന്ന് ധരിച്ചിരിക്കുന്നു അവിടെയാണ് തരാറ് അതാണ് വികൽപ്പു പറയുന്നത് എന്നൊരു കാര്യത്തെക്കുറിച്ച് ശരിയായ ധാരണയുണ്ടായി ഇന്നലെ വരെ നമ്മൾ എന്തായിരുന്നു ആ തെറ്റിനെ ശരിയെന്ന് ധരിച്ചയാളായിരുന്നു ഇന്നലെ വരെ നമ്മൾ സിദ്ധാന്തമെന്ന് കരുതിയിരുന്ന പൂർവപക്ഷത്തെയാണ് ഇന്നലെ വരെ ആ വികല്പത്തെ നമ്മൾ കൊണ്ടു നടന്നിരുന്നു എന്നാ മാറിയത് ഇതാണ് ഇവിടെ സംഭവിക്കുന്നതെന്നാണ് ഭാഷകാലം പറയുന്നത് അല്ല കഥ പോലെ കേൾക്കാൻ വേണ്ടി പറയുന്നില്ല കേട്ടിട്ട് എഞ്ചുപൊടി പഠിക്കുന്നത് പോലെ പഠിക്കാൻ വേണ്ടി പറയുന്നതുമല്ലോ സ്വ അനുഭവത്തെ തന്നെ ഇവിടെ നമുക്ക് ബോധ്യപ്പെടുത്തിത്തരികയാണ് എന്താണ് വികൽപ്പം എന്താണ് വാസ്തവം എന്നെ ബോധ്യപ്പെടുത്തുകയാണ് തത്രയും സതി വിക്രിയാത്മക സാവയവോ അനിത്യോ അശുദ്ധ ഇത്യാദിയോ ദോഷ എന്ന പരിഹർത്തം ശക്തി ഇതൊക്കെയാണ് നിന്റെ ചിന്തയെങ്കിൽ ഇതൊക്കെയാണ് നിന്നെക്കുറിച്ചുള്ള മിഥ്യാധാരണകളെങ്കിലെന്ന് വെച്ചാൽ ആത്മാവിനെ സംബന്ധിച്ചുള്ള മിഥ്യാധാരണകളെങ്കിൽ അങ്ങനെയാണെങ്കിൽ തത്രയും സതി ഇങ്ങനെയൊക്കെയാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ ഇത്തരം വികല്പങ്ങളോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്താണ് വിക്രിയാത്മകഹ നീ വികാരങ്ങളുള്ളവനാണ് സാവയവ നാനാ ഭാഗങ്ങളോടു കൂടിയവനാണ് അനിത്യ അനിത്യനാണ് അശുദ്ധനാണ് ഇത്യാദിയോ ദോഷ ഈ ദോഷങ്ങൾ ഈ വികല്പ ദോഷങ്ങൾ പരിഹർത്തുന്ന ശക്തി ഇത് പരിഹരിക്കാൻ സാധ്യമല്ല എന്നതിനു വേണ്ട ആരെങ്കിലും വഴി പറഞ്ഞിട്ട് കാര്യമുണ്ട് ഞാൻ വർഷങ്ങളായി സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു വർഷങ്ങളായി ഞാൻ തത്വശ്രവിക്കുന്നു വർഷങ്ങളായി ഞാൻ ഗുരു ഉപദേശം കേൾക്കുന്നു ഗുരു സേവ ചെയ്യുന്നു പക്ഷെ എന്റെ ഉള്ളിൽ ഇപ്പോഴും ഇരുട്ടാണ് വെളിച്ചം വരുന്നില്ല എന്തുകൊണ്ട് ദോഷ എന്ന പരിഹർത്തം ശക്തി ഈ വികൽപ്പങ്ങളുള്ളപ്പോ ഈ വികല്പങ്ങളോടൊപ്പമുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ ഈ വികൽപ്പങ്ങളുടെ ഫലമായി വരുന്ന ദോഷങ്ങളും നിന്ന് കാണും ഇത് പരിഹരിക്കാൻ കഴിയില്ല ഈ വികൽപ്പങ്ങളെ തിരിച്ചറിയും മറ്റൊരുന്നവശ്യമില്ല ഇരട്ടിനെ ദൂരീകരിക്കാൻ വെളിച്ചമല്ലാതെ മറ്റൊന്നും ആവശ്യമില്ലാതന സംയോഗ ജോ ബോധ ആത്മനുസമവേദി കാണാതന്മാരുടെ അഭിപ്രായം ന്യായവൈശേഷികന്മാർ ഇതുപോലെ വികല്പങ്ങളാണ് അവരുടെ പേരിൽ പറയുന്ന നമ്മുടെ സ്വന്തം എന്താണ് പറയുന്നത് ആത്മവിനസ് സംയോഗജോ ബോധാത്മനിശമേദി നമ്മൾ അങ്ങനെ ധരിക്കുന്നു എന്താണ് ആത്മാവ് ഒന്ന് ആത്മാവിനെ സംബന്ധിച്ച ആ വസ്തുബോധം അത് മാറിക്കിട്ടുക തന്നെ അത് മാറിക്കിട്ടിയാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ് എന്താണ് ആത്മാവ് ഒരു വസ്തുവാണ് ഈ ശരീരം വസ്തുവാണ് മനസ്സൊരു വസ്തുവാണ് അതുപോലെ ആത്മാവ് ഒരു വസ്തുവാണ് ഇത് അങ്ങനെ ഒരു വസ്തുവാണെന്നുള്ള തരത്തിൽ അതിനവര് ദ്രവ്യം എന്ന് പറയും ദ്രവ്യം എന്ന് പറയാൻ നമ്മളൊന്ന് പറയുന്ന തരത്തിലല്ല മലയാളത്തിൽ ദ്രവ്യമല്ല സംസ്കൃതത്തിൽ സാധാരണ പറയുന്ന ദ്രവ്യമല്ല ഇത് സാങ്കേതിക പ്രയോഗമുള്ള ഒരു വസ്തു എന്നുള്ളതാണ് അതുപോലൊരു വസ്തുവാണ് മനസ് വിതരണം കൂടിച്ചേരുന്നത് സംയോഗം എന്ന് പറയുന്നു ഒരു പ്രത്യേക ബന്ധം ആ ബന്ധം കൊണ്ട് എന്തുവരുന്നു മനസ്സും ആത്മാവും കൂടിച്ചേരുമ്പോൾ ബോധാത്മനി സമവൈതി ആത്മാവിൽ ബോധം സമവൈത്തി അതിൽ നിലനിൽക്കുമ്പോൾ അതിൽ നിന്ന് പിരിക്കാൻ വയ്യാത്ത രീതി അതിനവർ പറയും സമവായ സംബന്ധത്തിൽ പറയും അങ്ങനെയാണോ ഈ പുസ്തകത്തിൽ അതിന്റെ വെളുത്ത നിറം ഇരിക്കുന്നു പിരിക്കാൻ വയ്യ പിരിച്ചെടുക്കാൻ വയ്യാത്ത രീതി അതുപോലെ അങ്ങനെ നിലനിൽക്കുന്നു അത് ഉണ്ടാവുകയും ചെയ്യും പക്ഷെ നിലനിൽക്കുമ്പോൾ വേർതിരിക്കാൻ വയ്യ അങ്ങനെയിരിക്കുന്നു ഇത് നമ്മളും സാധാരണ ധരിച്ചുപോകുന്ന കാര്യമാണ് മനസ്സെന്ന് പറയുന്ന ഒന്നുണ്ട് അത് എന്റെ ആത്മാവിനോട് കൂടിച്ചേർന്നു അപ്പൊ അവിടെ ഒരു പ്രകാശമുണ്ടായ അതാണ് ഈ അറിവ് അങ്ങനെ ധരിക്കാം അത് ആത്മനി ബോധൃത്വം അങ്ങനെ ആത്മാവിൽ ബോദ്ധൃത്വം വരുന്നു ആത്മാവ് ബോധമുള്ളവനായി മാറുന്നു ഇന്നത്തെ വിക്രിയാത്മക ആത്മാവ് മുമ്പ് അവിടെ വികല്പത്തിൽ നിന്നും ഈ വികല്പത്തിന് വരുന്ന വ്യത്യാസം എന്താണ് അവിടെ ആത്മാവിന് സ്വയം വികാരിയാണെന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെയല്ല ആത്മാവിന് വികാരമൊന്നും സംഭവിക്കുന്നില്ല പക്ഷെ ആത്മാവിന് ജ്ഞാനം വന്നുചേരും ആകന്തുകമാണ് അവിടെ നിന്നത് കടന്നു പോകും ഇങ്ങനെയൊക്കെ ധരിക്കാം നമ്മുടെ അനുഭവം അങ്ങനെയല്ലേ ഉണരുമ്പോൾ അവിടെ ജ്ഞാനം വരുന്നു ഉറക്കത്തിൽ ജ്ഞാനം പോകും ഉറക്കത്തിൽ ബോധമില്ല കേവലമായൊരു വസ്തു മാത്രം അതിന് നാശം സംഭവിക്കുന്നില്ല ഉറക്കത്തിനും അതുണ്ട് അതുകൊണ്ടാണ് ഉണരുമ്പോൾ താൻ ഉറങ്ങി നിറയുന്നത് ഇത്തരത്തിൽ വികാരഹിതനായ ആത്മാവിൽ ജ്ഞാനം വരുന്നു പോകുന്നു എന്നല്ല ധരിക്കുന്നു ആത്മാവാണെങ്കിലോ ദ്രവ്യ മാത്രസ്തു ബോധി കേവലം വസ്തു മാത്രം ഏതുപോലെ രാഗസമായി മൺപാത്രം കണ്ടിട്ടുണ്ടല്ലോ അതിൽ നിറവും കാണാറുണ്ടല്ലോ ചിലത് ശരിയായ ചുട്ടെടുത്തു കഴിഞ്ഞാൽ അത് ചുവന്നിരിക്കും പുകയെടുത്ത് അടിച്ചുകഴിഞ്ഞാൽ അത് കറുത്തിരിക്കും നല്ല മൺകലം ചുവന്ന നിറത്തിയിരിക്കും രാഗസമായി എന്താ ആ മൺകലത്തിൽ നിന്നൊക്കെ ആ രാഗത്തെ ആ ചുവന്ന നിറത്തെ മാറ്റാൻ പറ്റൂ ഒരു സമർത്ഥനായ ശില്പിക്കുകൂടി അത് സാധ്യമല്ല അതിനെ സൃഷ്ടിച്ച കുലാലന് സാധ്യമല്ല ആ മൺകരത്തിൽ നിന്നും അതിന്റെ നിറത്തെ മാറ്റുക ചോന്ന നിറത്തി അതുപോലെ ഈ ആത്മാവിൽ ജ്ഞാനം ചേർന്നിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ സങ്കല്പിക്കാം അസുൻ പക്ഷിക്ക് അചേധനം ദ്രവ്യ മാത്രം ബ്രഹ്മ അങ്ങനെ വന്നുകഴിഞ്ഞാൽ ആത്മാവ് കേവലമായ അചേധനമായ വസ്തുവാണ് അതിൽ ജ്ഞാനം വരുന്നു പോകുന്നു എന്നെല്ലാം പറയേണ്ടി വരും പ്രതിബോധവിധിതം അതിനനുസരിച്ച് മനസ്സിലാക്കും ഇതെല്ലാം വന്നുകഴിഞ്ഞാലോ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ ഇത്യാദ്യഹ ശ്രുദ്ധയോ ബാധിത വിജ്ഞാനം ആനന്ദം ബ്രഹ്മ ആത്മാവിന് കേവലം വസ്തു എന്നല്ല പറയും അതിന് പ്രത്യേക പ്രത്യേകാത്മാവാണെന്നാണ് വിജ്ഞാനസ്വരൂപമെന്നാണ് വിജ്ഞാനം നമുക്കറിയാം അതിൻ്റെ സ്വരൂപം അതാണ് വിജ്ഞാനമാനന്ദം ബ്രഹ്മ വിത്യാദ്യ ശ്രുതിയോ വിശ്രുതിക്കെല്ലാം വിരോധം വരും വിശ്രുതിയല്ല അർത്ഥശൂന്യമായി തീരും നിങ്ങൾ പറയുന്നതുപോലെ നമ്മളത് ചെയ്യുകയാണ് നമ്മുടെ ഭാഷകാലം പറയുന്നത് എന്താണ് നമ്മുടെ ശ്രവണവും മനനുമെല്ലാം ശ്രുതിയെ വ്യർത്ഥമാക്കാൻ വേണ്ടിയായിരിക്കുന്നത് ശ്രുതിയുടെ താത്പര്യത്തെ ഗ്രഹിക്കാതെ നമ്മൾ വികൽപ്പങ്ങളെ ഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രുതിയെ ബാധിക്കുന്നു ശ്രുതിയെ നിങ്ങൾ വാസ്തവത്തിൽ വ്യർത്ഥമാക്കുകയാണ് ചെയ്യുന്നു ശ്രുതി തന്നിൽ സാർത്ഥകമാണ് എങ്ങനെയാണോ ശ്രുതി തനിക്ക് പ്രമാണമായിരിക്കുക ശ്രുതിയെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് ഒരുവൻ ഈ ശ്രവണം മനണങ്ങൾ തുടരുന്നത് അത് ശ്രുതി സാർത്ഥകമാകണമെങ്കിൽ വ്യർത്ഥമാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം ശ്രുതി തനിക്ക് പ്രമാണമാകുന്നതിന് പകരം ശ്രുതിക്ക് താൻ പ്രമാണമായി തീർന്നു തിരിച്ച് സംഭവിക്കും അല്ലെങ്കിൽ ശ്രുതി ബാധിക്കും എന്താ എൻ്റെ നമുക്ക് ശ്രുതി പ്രമാണമായിരിക്കും ഋഷിക്കോ ഋഷിക്ക് ശ്രുതി പ്രമാണമല്ല ശ്രുതിക്ക് പ്രമാണമാണ് ഋഷി എന്തുകൊണ്ട് ആ ശ്രുതി ഋഷിയിൽ നിന്ന് നിർഗമിച്ചതാണ് ഋഷി മന്ത്രധഷ്ടാവാണ് ഋഷി ദർശിച്ച മന്ത്രം ആ മന്ത്രത്തിന് പ്രമാണമാണ് ഋഷി മറിച്ചത് ഇവിടെ ചുരുങ്ങിയ പക്ഷം മുഴുവൻ ശ്രുതിയെ പ്രമാണമായിട്ടെങ്ങനെ സ്വീകരിക്കും എന്തായാലും ബാധിക്കാൻ പാടില്ല ശ്രുതി തന്നെ സംബന്ധിച്ച് വ്യർത്ഥമായി തീരാൻ പാടില്ല ശ്രുതിയെ നിരർത്ഥകമാക്കാൻ പാടില്ല ആത്മനോ നിരവയവത്വനോ പ്രദേശാഭാവ നിത്യ സംയുക്തത്വച്ച മനസഹ സമൃദ്ധി ഉത്പത്തി നിയമാനുപത്തി അപരിഹാരി സിയ മനനം സയുക്തികമായിരിക്കണം യുക്തി കൂടി ചേർന്നാലേ മനനം പൂർണമാകത്തുള്ളു അപ്പൊ നമ്മുടെ മനനത്തിൽ അയുക്തികമായിട്ട് പലതും വരാം ഒരാൾ പറയുന്നുണ്ടല്ലോ ശരി ശാസ്ത്രം അത് പറയുന്നു പക്ഷെ അതെനിക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് തന്നിൽ അതിനുള്ള യുക്തി ഇല്ലാതുകൊണ്ട് ശാസ്ത്രത്തെ അംഗീകരിക്കുന്ന യുക്തി തൻ്റെ കൈവശമില്ല എല്ലാത്തവർക്കും മനനം ചെയ്യാൻ പറ്റത്തില്ല തത്വശ്രവിക്കാൻ കഴിയത്തില്ല പഴയകാലത്ത് ശാസ്ത്രങ്ങളിൽ സ്ത്രീ എന്ന് പറഞ്ഞിരുന്നത് നിഷേധിച്ചിരുന്നത് ഈ ശേഷിയില്ലാത്തവരെയാണ് പെണ്ണുങ്ങളെന്നുള്ള അർത്ഥത്തിലല്ല ശേഷിയില്ല യുക്തി ഇല്ലാത്ത അവനെ സ്വീകരിക്കാൻ പറ്റത്തില്ല അവന്റെ യുക്തി പ്രവർത്തിക്കുന്നില്ല അതില്ലെങ്കിൽ പുരുഷനിലും കാണും സ്ത്രീ യുക്തിയില്ലാത്ത എന്ന് മനസ്സിലാക്കിയ അപ്പൊ യുക്തിരഹിതമായ ചിന്ത അത് പാടില്ല എന്നാണ് ഗുരുവിനു യുക്തി ഉണ്ടെങ്കിൽ അത് സ്ത്രീയോ പുരുഷനോ എന്നുള്ള ഭേദമില്ല അതിനു പൗരുഷം എന്ന് പറയുന്നത് അവിടെ പൗരുഷം ശരീരഭേദം കൊണ്ടവിടെ പുരുഷനും സ്ത്രീയുമാവുന്നുണ്ട് അതാകുന്നത് ബുദ്ധിയുടെ തലത്തിലാണ് യുക്തിയുണ്ടെങ്കിൽ അവിടെ പൗരുഷമുണ്ട് അതില്ലെങ്കിൽ കേവല സ്ത്രീത്വം അതിനാണ് ഇവിടെ നിഷേധിക്കുന്നത് ശാസ്ത്രത്വം ഇവിടെ ആ യുക്തിഹീനതയെ വെളിപ്പെടുത്തുന്നു ആത്മനോ നിര വഴിവത്തോ ചിന്തിച്ചിങ്ങനെ പോയി കഴിഞ്ഞാൽ യുക്തിരഹിതമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നതിൽ പല വൈരുദ്ധ്യങ്ങളും വരും ഒരു തരത്തിൽ പറയുന്നു ആത്മാവ് അംശരഹിതമാണ് അംശരഹിതമാണെങ്കിൽ അതിന് പ്രദേശം കാണത്തില്ല ദേശം കാണത്തില്ല വശങ്ങൾ കാണത്തില്ല അതേസമയം നിങ്ങൾ പറയുന്നു ആത്മാവ് വ്യാപിയാണ് നിത്യ സംയുക്തത്വ അത് സർവ്വവുമായി സദാ ബന്ധപ്പെട്ടിരിക്കും അങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്താ പറഞ്ഞത് മനസ് ആത്മാവുമായി കൂടി ചേരുമ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത് എല്ലാ അനുഭവങ്ങളും സ്മരണയും അങ്ങനെ ആയിരിക്കണം ഉണ്ടാകേണ്ടത് ആത്മാവ് സർവവ്യാപിയാണ് മനസ്സുമായി നിരവയമാണെങ്കിൽ ബന്ധം വരത്തില്ല മനസ്സുമായി സംയോഗം ഉണ്ടെന്ന് വന്നാൽ സ്മൃതി ഉത്പത്തി നിയമ അനുഭത്തിന സ്മരണ സദാ സംഭവിച്ചുകൊണ്ടിരിക്കണം കാരണം അതിന് ഹേതുവായ ആത്മമന സംയോഗമുണ്ട് പ്രത്യക്ഷമല്ല സദാസ്മരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പല ദോഷങ്ങളും വരും സ്മൃതി അനുപത്തി എന്ന് പറയുന്നത് ഇത് ന്യായവൈ വൈശേഷികന്മാരുടെ ചിന്താഗതിയിൽ വരുന്ന ഒരു ദോഷമാണ് ഇവിടെ പറഞ്ഞത് അത് കേവലം ഒരു വ്യക്തിഭംഗമായി നമ്മൾ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി അപരിഹാര്യത്യ ധാരാളം യുക്തിഭംഗങ്ങൾ വരും നിങ്ങൾ ശാസ്ത്രത്തെ ഉൾക്കൊള്ളാതെ തിരസ്കരിച്ചാലും അതിന് യുക്തിഭംഗമുണ്ട് നിങ്ങളുടെ ബുദ്ധി നേരെയല്ല ഇനി ശാസ്ത്രത്തെ ഉൾക്കൊണ്ടിട്ട് അതിന് വികൽപ്പങ്ങളെ സൃഷ്ടിച്ചാലും യുക്തിഭംഗമുണ്ട് അത് ഒഴിവാക്കണമെന്നാണ് ഇവിടെ പൂർവപക്ഷ രൂപത്തിൽ ഭാഷകാരൻ ആവശ്യപ്പെടുന്നത് ആത്മനഹ ശ്രുതി സ്മൃതി ന്യായവിരുദ്ധം ആത്മാവ് സർവത്തിനെ നിലനിർത്തുന്നു ആത്മാവിൽ സർവവും വാസ്തവത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ തരുതുക ഇവിടെ ആത്മാവ് സർവത്തെയും നിലനിർത്തുന്നു എന്ന് പറയുന്നത് അംഗീകരിക്കുന്നു ആത്മാവ് സർവവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു അംഗീകരിക്കുന്നു പക്ഷെ ഒന്ന് സത്യമായും മറ്റൊന്ന് കൽപ്പിതമായും ഇവിടെ എങ്ങനെയല്ല സർവത്തെ സത്യമായി കാണും ആത്മാവ് വാസ്തവത്തിൽ സർവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം കരുതുന്നത് ശ്രുതിസ്മൃതി ന്യായവിരുദ്ധം ശ്രുതിക്കും സ്മൃതികൾക്കും ഗീത പോലെയുള്ള സ്മൃതികൾക്കും ന്യായമുക്തിക്കും വിരുദ്ധമായ കാര്യമാണ് സ്വീകരിക്കാൻ സാധ്യമല്ല എന്നാലും നിങ്ങൾ സ്വീകരിക്കുന്നതാണ് കൽപ്പിതം കൽപ്പത്ത്വചിന്തയിൽ ശ്രുതിസ്മൃതി ന്യായവിരുദ്ധമായ കൽപ്പനകൾ സ്വീകരിക്കുക എന്നിട്ട് ഓരോന്നിനെയും സ്വീകരിക്കുക മറ്റൊന്നിനെ തിരസ്കരിക്കുക ഇത് ആത്മീയ കല്യാണത്തിന് ഉതകുന്ന കാര്യമല്ല അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം നിങ്ങൾക്ക് തിരസ്കരിക്കാൻ ഒരുപാടുണ്ട് സ്വീകരിക്കാൻ ഉണ്ട് അതെല്ലാം ശ്രുതി സ്മൃതിക്കും സ്വന്തം യുക്തിക്കും അനുസരിച്ചായിരിക്കും ആ എന്ന് പറയുന്നത് ശ്രുതി സ്മൃതികളെ അനുസരിക്കുന്ന ശാസ്ത്ര ബലം കൊണ്ടുവരുന്ന വ്യക്തി പറഞ്ഞല്ലോ പൗരുഷമുള്ള വ്യക്തി ആ വ്യക്തി കൊണ്ട് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കണം ത്യജിക്കേണ്ടതിനെ തിരിക്കണം അതല്ലാതെ പാടെ തിരിക്കുന്നതിന് അർത്ഥമില്ല എന്നുള്ള ഒരു ഗുണപാഠമാണ് ഇവിടെ പറയുന്നത് അസംഘോ നഹിസജ്ജതേ അസത്യം സർവഭൃത് വിധി ശ്രുതിസ്മൃതി ശ്രുതി സ്മൃതിയുടെ ഉണ്ട് എന്താണ് അസംഘനായിരിക്കുന്നു അവനൊന്നിനുള്ള സംഘമില്ല അസക്തം സർവഭൃത് അവൻ സർവത്തെയും ധരിക്കുന്നവനാണ് പക്ഷെ സ്വയം അസംഖനായിരിക്കുന്നു ഇത് പറയണമെങ്കിൽ എന്തുവേണം പരമാർത്ഥം ഒന്നും ബാക്കി സർവവും ആ തുര്യന്റെ കൽപ്പന എന്ന് അംഗീകരിച്ചേ പറ്റും അതിനു വിരുദ്ധമായി ഒന്ന് സ്വീകരിച്ചാൽ ശ്രുതിക്കും സ്മൃതിക്കും വിരുദ്ധമായി വരും യുക്തിക്കും നിരക്കില്ല ന്യായതയെന്ന അതുല്യജാതീയും പിന്നെ വ്യവഹാരികമായ യുക്തി വെച്ച് നോക്കിയാലും എന്താണ് ഗുണവത് ഗുണവത സംസൃത ഗുണവത്തായ ഒന്ന് ഗുണമുള്ള ഒന്നുമായി കൂടിച്ചേരും നമ്മളിവിടെ കാണുന്നു ജാതിയും നിർഗുണമായ ഒന്നിന് ഗുണമുള്ള ഒന്നുമായി ചേരാൻ പറ്റത്തില്ല അത നിർഗുണം നിർവിശേഷം സർവവിലണം അതുല്യജാതീയേന സംസൃജിതയിത്യേത് ന്യായവിരുദ്ധം ഭവയി അതുകൊണ്ടെന്താണ് നിർഗുണവും നിർവിശേഷവും സർവവിലുമായിരിക്കുന്ന ഈ ആത്മതത്വത്തിന് അതുല്യജാതീയേന ഈ വ്യവഹാരികമായി അനുഭവപ്പെടുന്ന നാനാ സ്വരൂപത്തോടുകൂടിയിരിക്കുന്നെങ്ങനെ സഗുണമായി സവിശേഷമായി സംക്ഷണമായി ഇരിക്കുന്ന ഈ പ്രപഞ്ചത്തിനോട് ഏതെങ്കിലും തരത്തിലൊരു സംസം ബന്ധം പരമാർത്ഥത്തിൽ ഉണ്ട് എന്ന് കരുതുന്നത് യുക്തിവിരുദ്ധമാണ് അസംഗമായിരിക്കുന്ന നിർവിശേഷമായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ ഉണ്ടാകുന്ന കേവലഭാനമാണ് ഈ പ്രതിബോധം ആ പ്രതിബോധം അസംഗമായിരിക്കുന്ന തൻ്റെ സ്വരൂപത്തെ ആശ്രയിച്ചിരിക്കുന്നു അത് അസംഗമായിരിക്കുന്ന തൻ്റെ സ്വരൂപത്തിൽ നിന്ന് നേരിട്ടൊന്നും നിലനിൽക്കുന്നില്ല അത് പരമാർത്ഥത്തിൽ അത് അത് സ്വയം പ്രകാശിക്കുന്നതാണ് അതിനെ കണ്ടെത്താനോ അതിനറിയാനോ ബാഹ്യമായി ഒരു ശ്രമത്തിൻ്റെ ആവശ്യമില്ല അവശ്രമിക്കുന്നതിനുള്ള കാരണങ്ങൾ ഇവിടെയില്ല അതിന് മനസ്സോ ഇന്ദ്രിയങ്ങളോ അതിന് പ്രാപ്തമല്ല അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം തസ്മാ നിത്യ അലുപ്ത വിജ്ഞാനസ്വരൂപ ജ്യോതിരാത്മാ അതുകൊണ്ടാ ബ്രഹ്മ അതുകൊണ്ട് എന്താണ് ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ നിന്റെ സ്വരൂപം ഇവിടെ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് തന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ് ശ്രോതാവിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞല്ലോ ആത്മാവ് പറയുന്നൊരു വസ്തുവല്ല ഇതുവരെ കാണാത്തത് ഇനി കാണേണ്ടതുമായ ഒരു വസ്തുവിനെ ബോധിപ്പിക്കുകയാണ് സ്വ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ് അതെന്താണോ നിത്യ അനുപ്ത ഇവിടെ വിജ്ഞാനം ഇങ്ങനെ മാറിമറയുന്നു നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു ജാഗ്രത സ്വപ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ വിജ്ഞാനം അനുഭവിച്ചാൽ പോകുന്നത് അവിജ്ഞാനത്തിന്റെ ഉത്പത്തിനാശങ്ങളെന്നാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ അവിടെ അവിജ്ഞാനത്തിന്റെ ഉത്പത്തിനാശമല്ല അവിടെ വിജ്ഞാനം നിത്യ അലുപ്തം അത് ാശമില്ലാത്തവനായി ഏകരൂപത്തിൽ തന്നെ ആയിരിക്കുന്നു മാറി മറയുന്നു എന്ന് പറയുന്നത് ഒരു വിഭ്രാന്തിയാണ് ഈ ഭാനം അതിനെ കുറിച്ച് പറയും ഭ്രമരചഞ്ചലം അതൊരു ഭ്രമരത്തെ പോലെ ചഞ്ചലമാണ് അങ്ങനെ അത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ അവിടെ പരമാർത്ഥത്തിൽ അത് നിത്യാലുപ്ത വിജ്ഞാന രൂപമായിരിക്കും ചെയ്യുന്നു ആ നിത്യാലുപ്ത വിജ്ഞാന രൂപത്തിനുള്ള കേവലഭ്രാന്തിയാണ് ഈ ഭാനം ബോധത്തിൻ്റെ ഈ ചഞ്ചലത കേവലഭ്രാന്തി അത് വിജ്ഞാനസ്വരൂപ ജ്യോതിഷി അത് സദാ പ്രകാശിക്കുന്നതാണ് ഒരു പ്രകാശിച്ചും മറയുന്നതല്ല ജാഗ്രതയിൽ പ്രകാശിച്ചും മറയുക വീണ്ടും സ്വപ്നത്തിൽ പ്രകാശിച്ചും മറയുക സുഷുത്വം പ്രകാശിക്കാതിരിക്കുക അങ്ങനെയല്ല അതാണ് നിന്റെ സ്വരൂപം അതിനെയാണ് ശ്രുതി ബ്രഹ്മം എന്ന് ബോധിപ്പിക്കുന്നത് അതിനി ഒരിടത്തും കണ്ടെത്താൻ ശ്രമിക്കണ്ട നിന്നിൽ കണ്ടെത്താൻ ശ്രമിക്കണ്ട ബോധത്തിൽ കണ്ടെത്താൻ ശ്രമിക്കണ്ട നിന്നു നിന്നും മാറി അതിന് ഓരിടത്ത് തന്നെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണ്ട ഇത്രയും അർത്ഥ സർവബോധ ബോധൃത്വം ഇതാണ് ഇതിന്റെ അർത്ഥം ഇതുകൊണ്ടെന്ന് വരുന്നത് സർവബോധ ബോദ്ധൃത്വം ആത്മനഹസിദ്ധ്യും ഈ അർത്ഥം ശ്രദ്ധിക്കണമെങ്കിൽ എന്താണ് സർവബോധബോധൃത്വം സർവബോധബോധൃത്വ ഈ അർത്ഥം ശ്രദ്ധിക്കണമെങ്കിൽ എന്തീകരിക്കണം സർവബോധ സർവബോധങ്ങളുടെയും ബോധാവായി സർവബോധങ്ങളുടെയും പ്രത്യേകാത്മാവായി അതാണ് സർവബോ ബോധങ്ങളുടെയും ബോധാവും സർവബോധങ്ങളുടെയും പ്രത്യേക സ്വരൂപമായി ആത്മനഹസിദ്ധി അത് ആണ് നിന്റെ സ്വരൂപം എന്ന് ശ്രദ്ധിക്കണം നിത്യർത്ഥ സർവബോധ ബോധൃത്വ ആത്മനസിദ്ധി നാന്യത മറ്റൊരു മറ്റൊരു ഉപായവും ഇല്ല ഇവിടെ മറ്റൊരു രീതിയില്ല എവിടെയെങ്കിലും പോയി ഇതിനെ സാക്ഷാത്കരിച്ചിട്ട് കാര്യം ഇതിന് ആത്മാവിലോ അനാത്മാവിലോ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് ഇതാണ് സർവബോധ ബോദ്ധാവായിരിക്കുന്നത് സർവബോധ സ്വരൂപമായിരിക്കുന്നത് സർവബോധ സാക്ഷിയായിരിക്കുന്നത് അല്ലെങ്കിൽ സർവബോധ പ്രത്യേകാത്മാവായിരിക്കുന്നത് അത് തന്നിൽ വന്നു ചേരണം അത് താനാണ് അത് തന്നിലുണ്ട് പക്ഷെ താനതിനന്യമാക്കിയിരിക്കുന്നു തനിക്കത് അന്യന് അനന്യമായിത്തീരണം ഇതിന് ഈ അനാന്തം ബുദ്ധിയെ നിരാകരിക്കുകയല്ല ഈ ഭ്രാന്തിയെ നിരാകരിക്കുക എന്നുള്ളതല്ല അങ്ങനെ ഇതിനെ സംബന്ധിച്ചുള്ള ഈ വികല്പങ്ങളെ നിരാകരിക്കാന്നുള്ള അല്ലാതെ മറ്റൊരു പായമില്ല എന്ന് ഒരു വിവേകിയെ ഉപദേശിക്കുകയാണ് അത് പ്രത്യേകം മനസ്സിലാക്കും ഉപദേശം വിവേകിക്കുകയാണ് അല്ലാത്തവന് ഇതൊന്നും കൊച്ചുകുട്ടിയെ വിളിച്ചിരുത്തിയിട്ട് ഈ തത്വങ്ങളൊക്കെ പറയുന്നു എന്നിരിക്കട്ടെ എന്താ പ്രയോജനം ഒന്നവന് ശ്രദ്ധിക്കാൻ കഴിയില്ല ഏകാഗ്രത കിട്ടത്തില്ല കേട്ടാനത് ഗ്രഹിക്കത്തില്ല ഗ്രഹിക്കുകയില്ല ഗ്രഹിച്ചതിന് ശേഷം വരുന്ന കുഴപ്പങ്ങളൊന്നും അതുകൊണ്ടുണ്ടാകത്തു ഇത് എന്താണ് ശ്രുതി സ്മൃതി ന്യായ സമർത്ഥിതമായ കാര്യമാണ് പൌരുഷമുള്ളവർക്ക് ഇത് സാധ്യമാകും അതിന് മറ്റൊരു ഉപായമില്ല ആ തരത്തിൽ തന്നെ അതിനെ ഗ്രഹിക്കണം അല്ലെങ്കിൽ എന്താണോ ശാസ്ത്രത്തിൽ ബാലൻ എന്ന് പറഞ്ഞാൽ വിൽപ്പന്നാണ് വിൽപ്പത്തിയുള്ളവനെയാണ് ബാലൻ എന്ന് പറയുന്നത് കുട്ടികൾ അതിനുവേണ്ടി ശ്രമിക്കുന്നവനെയാണ് അവർക്ക് ഇത് സാധ്യമാകും എന്നാണ് തസ്മാത് പ്രതിബോധവിദിത മതം ഇതി യഥാ വ്യാഖ്യാതയോ അർത്ഥവും അസ്മാവി അതുകൊണ്ട് പ്രതിബോധവിദിത മതം എന്നുള്ളതിന് ഞാനെങ്ങനെയാണോ വ്യാഖ്യാനിച്ചത് ഭാഷകാരൻ സ്വയം പറയുന്നു ഋഷിയുടെ വാക്യത്തിൻ്റെ താല്പര്യം മനസ്സിലാക്കി ഞാനത് യഥാവത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതാണ് അർത്ഥം ദേവാർത്ഥോ അസ്മാവിഹി െന്ന് പറഞ്ഞാൽ ആർത്ഥം ശ്രോതാവ് ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതിലൊന്നുകൂടി ആവശ്യപ്പെടുന്നുണ്ട് ഞാനത് എങ്ങനെയാണോ വ്യാഖ്യാനിച്ചത് ആ തരത്തിൽ തന്നെ നിങ്ങളത് ഗ്രഹിക്കണം അല്ലെങ്കിൽ ഈ വ്യാഖ്യാനത്തിലൂടെ എന്ത് താൽപ്പര്യമാണോ ഞാൻ ഉദ്ദേശിച്ചത് അത് ഗ്രഹിക്കണം മറിച്ച് ഇന്നുമ്പു പറഞ്ഞതുപോലെയുള്ള വികല്പങ്ങളോടുകൂടി അതിനെ ഗ്രഹിക്കരുത് ആ വികല്പങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കാണാതന്റെ ആയാലും ശരി ബൌദ്ധന്റെ അതിനെ നിരാകരിച്ചുകൊണ്ട് ഗ്രഹിക്കണം ശാസ്ത്ര ശ്രവണത്തിനും മനനത്തിനും പല ഫലങ്ങളും പറയുന്നുണ്ട് തത്വത്തിന്റെ വ്യക്തതയ്ക്കപ്പുറമായിട്ട് പല ദോഷങ്ങളെയും അത് നിരാകരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ബുദ്ധിദോഷങ്ങൾ പല ഗുണങ്ങളെയും അത് ബുദ്ധിയിലേക്ക് ആവാഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വികല്പ പരിഹാരം വികല്പങ്ങളെ പരിഹരിക്കുക ആ വികൽപ്പങ്ങളെ പരിഹരിക്കുക എന്നുള്ളത് ഇതിന്റെ മുഖ്യമായൊരു പ്രയോജനമാണ് അതുകൊണ്ട് ആ വികൽപ്പങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണോ വ്യാഖ്യാനിച്ചത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ഗ്രഹിക്കണം എന്ന് ഭാഷകാരൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ് യഥാ വ്യാഖ്യാദേവ അർത്ഥവസ്മാ അത് നമ്മൾ കൂടുതൽ വിശദീകരിച്ച് മനസ്സിലാക്കുന്ന ഭാഷ്യകാരൻ പറഞ്ഞത് അതേപടി നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞ ഋഷി പറഞ്ഞത് അതേപടി ഗ്രഹിക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് ഭാഷകാരൻ വ്യാഖ്യാനിച്ചു ഭാഷകാരന്റെ വ്യാഖ്യാനം അതേപടി ഗ്രഹിക്കുന്നതിനുള്ള സാമഗ്രികളുടെ കുറവ് നമ്മളുള്ളതുകൊണ്ട് നമ്മളത് വീണ്ടും വിശദീകരിച്ചു വീണ്ടും അതൊരു പുനർമനനത്തിന് വിധേയമാക്കി വീണ്ടും നമ്മളതിനെ അതിന്റെ താല്പര്യത്തെ കണ്ടെത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തി അല്ലെങ്കിൽ നമുക്ക് ഋഷിവാക്യം മതിയായി പക്ഷെ അത് ഗ്രഹിക്കുന്നതിനുള്ള സാമഗ്രികൾ നമ്മുടെ കയ്യിൽ പോരാ അപ്പോ ഞാൻ വ്യാഖ്യാനിച്ച അർത്ഥം തന്നെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് മറ്റു തരത്തിലും വ്യാഖ്യാനിക്കും മറ്റു പല ആചാര്യന്മാരും അവരുടെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഇത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഒരുദാഹരണം മാത്രം പറയാം ഈ പ്രവശത്തിന് മാന്ധവാചാര്യർ വ്യാഖ്യാനിച്ചിട്ടുള്ളു ഈ പറയുന്ന തരത്തിൽ അദ്ദേഹത്തിന് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്ന സിദ്ധാന്തം വേറെയാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തമേ അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല എവിടെ ശരിയോ തെറ്റോന്നുള്ളതല്ല അതാണ് അദ്ദേഹത്തിന്റെ നില പ്രതിബോധം ബോധം എന്താ വ്യാഖ്യാനിച്ചത് ബുദ്ധ്യത ഇതിബോധ ബുദ്ധ്യത എന്നുവെച്ചാൽ അറിയപ്പെടുന്നത് അതാണ് ബോധം ഉപബോധത്തിന്റെ അർത്ഥം എന്തായി ബുദ്ധിയതെ ഇതിബോധ എന്ന് പറഞ്ഞാൽ കാരണം അതിന് വെറുതെ വ്യാഖ്യാനിക്കുക വലിയ പണ്ഡിതനാണ് മഹാപണ്ഡിതനാണ് ഉണ്ട് മറ്റ് ശാസ്ത്രങ്ങളുടെ പിൻബലത്തോടെ വ്യാഖ്യാനിക്കുകയാണ് ബുദ്ധിയതെ ഇതിബോധ ബുദ്ധിയതയെ അറിയപ്പെടുന്നതാണ് ബോധം ബുദ്ധ്യത ന്യായതേ എന്നൊക്കെ പറഞ്ഞ ഒരർത്ഥമാണ് എന്നുവെച്ചാൽ ബോധശബ്ദത്തിൽ കർമ്മണിപ്പർത്തിയത് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത് ബോധശബ്ദം ഭാവാർത്ഥത്തിൽ പറയാം കർത്തരത്ഥത്തിൽ പറയാം കർമാർത്ഥത്തിൽ പറയാം കരണാർത്ഥത്തിൽ പറയാം അധികരണാർത്ഥത്തിൽ പറയാം സമ്പ്രദാനാർത്ഥത്തിൽ പറയാം പല പറയാം വൈയാകരന്മാർക്ക് ഇതിന് പല അദ്ദേഹം കർമാർത്ഥം കണ്ടു എന്നിട്ട് ബോധം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വിഷയം ബോധമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന അർത്ഥം വിഷയം അപ്പൊ ബോധത്തിനെന്ത് പറയും അതറിയത്തില്ല ബോധം എന്ന് പറഞ്ഞാൽ വിഷയം എന്ന് വെച്ചാൽ ബോധമെന്ന് പറഞ്ഞാൽ മേശ പസേര ഇതൊക്കെയുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് അതുപോലെ വരുന്ന വിഷയങ്ങൾ ഭാഷകാരാധനയാണോ ബോധം എന്ന് പറയുന്നത് പക്ഷികാരൻ ബോധത്തെ തന്നെ ബോധമെന്ന് പറഞ്ഞു മധ്വാചാര്യൻ വിഷയത്തെ ബോധമെന്ന് പറഞ്ഞു അങ്ങനെ വ്യാഖ്യാനിച്ചാലേ അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിനനുസരിച്ച് ഇതിനെ ഒപ്പിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ തന്റെ സിദ്ധാന്തം ആപത്തിൽപ്പെടും അപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിനുള്ള ശങ്കൂറ്റം അദ്ദേഹത്തിനുണ്ട് കാരണം പണ്ഡിതന് പണ്ഡിതന്മാർക്കെന്തും ചെയ്യും ഇപ്പൊ ബോധത്തിന് വിഷയം നടത്തം പറഞ്ഞു അപ്പൊ അങ്ങനെ വരരുത് യഥാപ്യാഖ്യാ ദൈവാർത്ഥവും അസ്മാചരിസ്വാമ്യത്തിന് ശേഷമാണ് അത് അങ്ങനെ വ്യാഖ്യാനിച്ചത് ഇത് ആചാര്യസ്മയത്തിന് മുമ്പിലും പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ടോ എന്നാണ് ഭാഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് പോരാ അവർക്കെല്ലാം ഓരോ സിദ്ധാന്തം ഇത് ഞാൻ വ്യാഖ്യാനിച്ച തരത്തിൽ തന്നെ ഇത് മനസ്സിലാക്കണം എന്നാൽ കൃഷി വെളിപ്പെടുത്തുന്ന ആത്മതത്വം ഗ്രഹിക്കാൻ കഴിയൂ എന്നാണ് ഇനി മറ്റേതെല്ലാം വികൽപ്പങ്ങൾ ഇതിനെ സംബന്ധിച്ചുണ്ടാകാം ആ വികൽപ്പങ്ങളെ ഇവിടെ വീണ്ടും പൂർവക്ഷമായി അവതരിപ്പിച്ച് നിരാകരിക്കുന്നു ബോധവിദിം മതം അമൃതം ഹി വിത്മന വിദ്യയാ വിന്ദത്തെ മൃതം